ആകാശവാണി കണ്ണൂർ ഈ യാത്രയുടെ നിശബ്ദതയിൽ നിങ്ങളുടെ ഏകാഗ്രമായ മനസ്സിലേക്കും ആ മനസ്സിന്റെ അരങ്ങിലേക്കും ഞങ്ങളിതാ കുറേ കഥാപാത്രങ്ങളെ ജീവനും അവതരിപ്പിക്കുന്നു നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഞാൻ ഹരീഷ് പന്തക്കൽ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്ന ഘടി എന്ന നാടകത്തിന്റെ രചയിതാവാണ് ആകാശവാണി കണ്ണൂർ നിലയത്തിലെ എന്റെ ആദ്യത്തെ നാടകമാണിത് മുമ്പ് കോഴിക്കോട് ആകാശവാണിക്ക് വേണ്ടി മൂന്ന് നാടകങ്ങൾ എഴുതി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് കടി എന്ന എന്റെ ഈ നാടകത്തെക്കുറിച്ച് അൽപ്പം സമയബന്ധിതമായി ചലിക്കുന്ന ജീവിതങ്ങളുടെ യാന്ത്രികതയാണ് ഘടി എന്ന നാടകത്തിലൂടെ അനാവൃതമാകുന്നത് എല്ലാവരും അവരവരുടെ ഉള്ളിൽ ഒരു സമയഘടികാരം കൊണ്ടു മുന്നോട്ട് നടക്കുന്ന ജൈവ ഘടികാരത്തിന്റെ സൂചി ഒരുദിനം പിറകോട്ടോടുമ്പോൾ ജീവിതത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം ആരാണ് നമ്മുടെ ജൈവഘടികാരത്തെ പിറകോട്ട് വലിക്കുന്നത് എന്ന അന്വേഷണം കൂടിയാണ് ഈ റേഡിയോ നാടകം പ്രതിമയുടെ തല അഭയാനം അച്ചുതണ്ടില്ലാത്ത ഭൂമി സ്വന്തം ലേഖകൻ എന്നിവയാണ് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത എന്റെ മറ്റു നാടകങ്ങൾ ഇവ കൂടാതെ മരദൈവം കോമിക് തിയേറ്റർ എന്നീ സ്റ്റേജ് നാടകങ്ങളും എഴുതിയിട്ടുണ്ട് നാടകത്തിന് പുറമെ ഷോർട്ട് ഫിക്ഷനാണ് എന്റെ എഴുത്തുമേഖല ചെറുകഥകളും ചെറു നോവലുകളും ഹ്രസ്വ സിനിമകളും എഴുതിയിട്ടുണ്ട് ചെറു നാടകങ്ങളുടെ നിർമ്മിതി ലക്ഷ്യമിട്ട് ഒരു തിയറ്റർ ഗ്രൂപ്പിന് രൂപം നൽകാനുള്ള ശ്രമത്തിലാണിപ്പോൾ ഘടി നിങ്ങൾ കേൾക്കുക വീഴ്ചകൾ അറിയിക്കുമല്ലോ നന്ദി ഇന്നത്തെ നാടകം രചന ഹരീഷ് പന്തക്കൽ സംവിധാനം പി വി കുമാർ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്യാംസുന്ദർ മാഹി രാകേഷ് കരുവെള്ളൂർ കെ ആർ സിന്ധു എസ് ആർ മായ കുമാരി അവന്തിക േരമായിരുന്നു അത് എന്റെ ക്ലോക്ക് റിപ്പയർ ഷോപ്പിലേക്ക് ആന്റണി കടന്നുവരുമ്പോൾ കൃത്യം നാലു മണി ഫാസ്റ്റിക് കൊള്ളാമല്ലോ സുഹൃത്തെ ഈ വിസ്മയം നല്ല സമയത്താണ് എന്റെ വരവ് അഞ്ചു മുറികളുള്ള കടൽക്കരയിലെ എന്റെ വീട്ടിൽ ഇതുപോലെ ഇടവിട്ട് മണിയടിക്കുന്ന രീതിയിൽ സമയം ക്രമീകരിച്ച ക്ലോക്കുകൾ വെക്കുന്നതിലെ കൗതുകത്തെക്കുറിച്ച് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ ദാ ഇപ്പോ ആ ഭാവന ഇവിടെ വിചിത്രമായി സംഭവിച്ചിരിക്കുന്നു എന്തായാലും എന്റേത് നല്ല വരവ് തന്നെ ഞാൻ അന്നേരം വേറെ പണിയൊന്നുമില്ലാതെ നന്നാക്കിയ ക്ലോക്കുകൾ കൊണ്ടുപോകാൻ വരുന്നവരെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ വെറുതെയിരിക്കുകയായിരുന്നു അന്നേരമാണ് ആന്റണി ഒരു മുന്തിയം ക്ലോക്കുമായി കയറി വന്നത് ഞങ്ങൾ അപരിചിതരായിരുന്നു ആദ്യമായാണ് ഞാൻ ആ മനുഷ്യനെ കാണുന്നത് സുഹൃത്തെ എന്റെ ഈ ക്ലോക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണ പോലെ ഇത് ക്ലോക്ക് വേസിൽ തിരിഞ്ഞുകൊണ്ടിരിക്കെ സമയം ഒരു അസ്വസ്ഥതയുടെ പ്രതിഭാസമാണെന്ന രീതിയിലുള്ള പ്രത്യേക മണിയടി ശബ്ദത്തോടെ ഈ ക്ലോക്ക് ഒരു നിമിഷം നിലക്കും പിന്നെ ഏതോ ഒരു അദൃശ്യ ശക്തി ഇതിന്റെ സമയ സൂചിയെ പിറകോട്ട് വലിക്കും രാത്രിയുടെ ഏതോ ഒരു യാമത്തിലായിരിക്കും ഇത് സംഭവിക്കുക അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല പിന്നെ നേരം വെളുക്കും വരെ ആന്റി ക്ലോക്ക് വൈസാണ് കണ്ണടക്കാനാവാതെ ഓർമ്മകളും പിറകോട്ടോടും അതിനാൽ പ്രിയ സുഹൃത്തെ ഈ പിറകോട്ടോടുന്ന ഘടികാരത്തെ എത്രയും പെട്ടെന്ന് ശരിയാക്കിത്തരണം അല്ലെങ്കിൽ ഇന്നലകളിൽ പിടഞ്ഞ് ഞാനെന്ന മനുഷ്യൻ ഇല്ലാതാകും ആന്റണി എന്ന അപരിചിതനായ ആ മനുഷ്യൻ കൊണ്ടുവന്ന ഘടികാരം വിചിത്രമായ ഒന്നായി കാഴ്ചയിൽ എനിക്ക് തോന്നിയേയില്ല ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു താങ്കൾ എന്തായാലും ഇതിവിടെ വെക്കൂ ക്ലോക്കിന്റെ പ്രശ്നം എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ശരി സുഹൃത്തെ എനിക്ക് താങ്കളിൽ നല്ല വിശ്വാസമുണ്ട് ഈ നഗരത്തിലെ ഏറ്റവും നല്ല ക്ലോക്ക് റിപ്പയർ താങ്കളാണെന്ന അറിവിലാണ് ഇതുമെടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഈ ഘടികാരത്തെ പിറകോട്ട് വലിക്കുക എന്ന് പറഞ്ഞാൽ താങ്കൾക്കത് ഏത് രീതിയിലാണ് മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്റെ ഹൃദയത്തെ കൊളുത്തി വലിക്കുന്നത് പോലെയാണ് എനിക്ക് എനിക്കെന്റെ ജീവന്റെ മിടിപ്പാണ് ഈ ഘടികാരം അതുകൊണ്ട് തന്നെ ഇതിനെ ആരോ പിറകോട്ട് വലിക്കുമ്പോൾ ുഭവിക്കുന്ന ഹൃദയവേദന വളരെ വലുതാണ് ഇന്നലകളുടെ ദുരിതത്തിൽ ഞാൻ വീണ്ടും അതുകൊണ്ട് താങ്കൾക്ക് ഈ ഘടികാരത്തിലൂടെ എന്റെ ഹൃദയമെടുപ്പ് സാധാരണ നിലയിലാക്കി തരാൻ പറ്റൂ അപ്പോ ഞാൻ പോയിട്ടപ്പോ വരണം ദിവസം കഴിഞ്ഞ് ഞാൻ രണ്ടു ദിവസത്തേക്ക് വർത്തമാനമില്ലാത്ത ഒരാളായി പോകുമല്ലേ സാരൂല്ല കടൽക്കരയിലെ വീട്ടിലാണ് താമസമെന്നതിനാൽ നേരം ഇറങ്ങുന്നതും കയറുന്നതും അറിയാമല്ലോ കടലും എനിക്കൊരു ജലഘടികാരമാണ് അപ്പോൾ ശരി സുഹൃത്തെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞു വരാം ഘടികാരങ്ങൾ നന്നാക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് ഘടികാരങ്ങളുടെ സൂക്ഷിപ്പുകാരന എന്നാണ് നേരത്തെ തന്നെ കണ്ടില്ലേ എത്രയോ കാലമായി നന്നാക്കിയ ക്ലോക്ക് തിരിച്ചെടുക്കാൻ വരുന്നവരും ക്ലോക്ക് റിപ്പയർ ചെയ്യുന്ന ഞാനും എതിരേൽക്കുന്ന കാഴ്ചയും ശബ്ദവുമാണ് ഒരേ സമയത്ത് പല ക്ലോക്കുകൾ ഇടവിട്ട് മണിയടിക്കുന്നത് ഇക്കാലം വരെ ഈ നേരം വരെ എനിക്കോ കടികാരങ്ങൾ കൊണ്ടുപോകാൻ എത്തുന്നവരിലോ ഇത് പ്രത്യേകിച്ച് ഒരു വിചാരവും ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ആന്റണി കയറി വന്ന് ഒരേ സമയം പല ആവൃത്തിയുള്ള കെടികാരങ്ങളുടെ മണിമുട്ടലിനെ പറഞ്ഞപ്പോഴാണ് അതിലെ കൗതുകത്തിലേക്ക് ഞാനും ഇറങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ അയാളുടെ ഭാഷ തന്നെ എത്ര വിചിത്രമാണ് അങ്ങനെ നേരം സന്ധ്യയായി കടയടക്കാനുള്ള സമയം എന്തായാലും ആന്റണിയുടെ ക്ലോക്ക് വീട്ടിൽ കൊണ്ടുപോയി നോക്കാം െന്ന് ഞാനൊന്ന് നോക്കട്ടെ എവിടുന്നാ കിടിലൻ ക്ലോക്ക് കിട്ടിയത് ഇത് പിടിയേല് ഒരാള് നന്നാക്കാൻ കൊണ്ടുവന്നതാ എന്താ തകരാറ് ഈന്റെ സൂചി നടന്നുകൊണ്ടിരിക്കെ ആരോ ബേക്കോട്ട് വലിക്കുന്നു പോലു അതാരാപ്പ സൂചി ബേക്കോട്ട് വലിക്കുന്നത് അത് കണ്ടുപിടിക്കാനാ അച്ഛന്റെ അടുത്തേക്ക് ക്ലോക്ക് കൊണ്ടുവന്നത് എന്റെ മുത്തപ്പാ സൂചി ബേക്കോട്ടേക്ക് പിടിച്ച് വലിക്കുന്ന ക്ലോക്കാ ഞാനൊന്നും നോക്കട്ട് എന്റെ തമ്പുരാട്ടി ഇത് പ്രേതത്തിന്റെ സിനിമയിലെല്ലാം കാണുന്ന ക്ലോക്ക് പോലെ ഉണ്ടല്ലോ നിങ്ങള് ഈ കുട്ടിച്ചാത്തം കൂടിയ ക്ലോക്ക് എടുത്തിട്ട് എന്തിനാ ഇവിടെ വന്നത് നിങ്ങക്ക് ഇത് പേടിയെന്ന് എന്നെ പോരെ നീയൊന്നും മിണ്ടാതിരിക്കുന്നതുപോലെ ഉണ്ടല്ലോ നിന്റെ അപ്പാ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും കിൽപ്പിത്തിരിയാക്ക് അച്ഛ ഇങ്ങനെ ആരാന്റെ ക്ലോക്ക് ഉണ്ടെന്ന് നന്നാക്കി നമ്മളെ ചുമര് തൂക്കുക എന്നല്ലാതെ സ്വന്തമായിട്ട് എന്താ അച്ഛൻ വീട്ടിലൊരു ബെല്ലടിക്കുന്ന ക്ലോക്ക് വാങ്ങാത്തത് ദീപു നീ വെറുതെ അതും ഇതും പറയാതെ സന്ധ്യക്കിരുന്ന് ആ മലയാളം ബുക്ക് എടുത്ത് വായിച്ച് പഠിക്ക് ഈ അച്ഛൻ എപ്പ നോക്കിയാലും മലയാളത്തിലെ ഒറ്റ പടം മാത്രം വായിച്ചാ മതി അത് വായിച്ച് വായിച്ച് എനിക്ക് പച്ചവെള്ളം പോലെ കാണാപ്പാടായി ഇനി എനിക്കത് വായിക്കാൻ പറ്റൂല നളിനി നിന്റെ മോനെ ഒരു വസ്തു പറഞ്ഞ കേൾക്കുന്നില്ല മലയാളം പഠിക്കാൻ പറഞ്ഞിട്ട് ദീപുരുത്തേട് വേണ്ട നീ അച്ഛൻ പറയുന്നതനുസരിക്ക് മലയാളം ബുക്കെടുത്ത് വേഗം അനുസരണക്കേട് കാട്ടിയാ എന്റെ കൈ നല്ല പാഠം മൂന്ന് സമയം നഷ്ടപ്പെട്ട സമയം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല തിരകളും സമയവും ആരെയും കാത്തു നൽകില്ല പഴഞ്ചൊല്ല കേട്ടിട്ടില്ലേ ലഭ്യമായ സമയത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ അധിഷ്ഠിതമാണ് ഒരാളുടെ ജീവിത വിജയം സമയത്തിന്റെ വലിയ അളവ് സൗകര്യത്തിനു വേണ്ടി ഒരു വർഷമാണ് എന്ന് സങ്കല്പിക്കാം ഭൂമി സൂര്യന് ഒരു പ്രാവശ്യം ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് ഒരു വർഷം ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റി വരാൻ എടുക്കുന്ന സമയമാണ് ഒരു മാസം ഈ മാസത്തെ റേഷൻ സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ മറ്റന്നാള് മാസം കൂടുവാൾ നാളെ കൊണ്ടുപോകും എല്ലാ സാധേവട്ടാ ഈ വർഷവും വീട്ടിന്റെ തേപ്പ് നടക്കൂലല്ലേ ഈ ചുറ്റുവട്ടത്ത് തേക്കാത്ത വീട് നമ്മളുടെ മാത്രമേ ഉള്ളൂ ഈ ക്ലോക്കിന് ഇതുവരെ തകരാറൊന്നുമില്ലല്ലോ ഈശ്വര മിസ്റ്റർ സഹദേവൻ എനിക്ക് വിശ്വാസം വരുന്നില്ല ഒരു രാത്രി മുഴുവൻ താങ്കളുടെ വീട്ടിലും ഒരു പകലും രാത്രിയും താങ്കളുടെ ഘടികാരങ്ങളുടെ പണിപ്പുരയിലും എൻ്റെ ഈ ക്ലോക്ക് പിറകോട്ടോടിയില്ല എന്നത് അപ്പോൾ ഇവിടെ എന്തോ ഒരു തകരാറുണ്ട് കടൽക്കരയിലെ എൻ്റെ ഈ വീടിനാണോ അതോ ക്ലോക്കിനാണോ അതുമല്ലെങ്കിൽ കടലെന്ന ഈ ജലഘടികാരത്തിനാണോ എന്തിനാണ് കുഴപ്പമെന്നതാണ് ഇനിയുള്ള എൻ്റെ ആശയക്കുഴപ്പം അതുകൊണ്ടാണ് താങ്കളെ കൂട്ടി ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് സഹദേവൻ താങ്കൾ തന്നെ ഇത് ചുമരിൽ ഘടിപ്പിക്കണം എന്നിട്ട് ഈ ദിവസം മുഴുവൻ നമ്മൾ രണ്ടുപേരും ഇതിന് കാവലിരിക്കണം ഇവിടെ എന്റെ വീട്ടിൽ മാത്രം ഈ ഘടികാരത്തെ പിറകോട്ട് വലിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം എന്നോടൊപ്പം ചെലവഴിക്കുന്ന ശരി സാർ ഞാൻ സമ്മതിച്ചു ഘടികാരങ്ങൾ നന്നാക്കുന്നവൻ എന്ന നിലയിൽ എനിക്കും അതറിയാൻ താല്പര്യമുണ്ട് സാറിന്റെ ഈ ഘടികാരത്തെ ആരാണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് താങ്ക് യു താങ്ക് യു എങ്കിൽ നമുക്ക് ഈ ഘടികാരത്തിന്റെ സൂക്ഷിപ്പ് മുറിയിലേക്ക് പോകാം എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഞാൻ ആന്റണിയല്ല റോസ് അതാണ് എന്റെ പേര് ആന്റണിയുടെ ഭാര്യയാണ് എവിടെ ആന്റണി അയാളോട് എന്നെ തുറന്നുവിടാൻ പറയൂ എന്നെ കാണാതെ എന്റെ ഭാര്യയും മകനും സങ്കടപ്പെടുന്നുണ്ടാവും എനിക്ക് വീട്ടിലേക്ക് പോണം ദയവി ചെയ്ത് എന്നെ തുറന്നുവിടാൻ പറയൂ ആന്റണി ഇവിടെയില്ല അദ്ദേഹം കടലിലേക്ക് പോയി ഇനി ഒരാഴ്ചക്കാലം കടലിലാണ് ആ മനുഷ്യന്റെ ജീവിതം എന്നാൽ ദയവ് ചെയ്ത് എന്നെ തുറന്നു വിടൂ ക്ലോക്ക് റിപ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബം പട്ടിണിയിലാകും എന്നെ ആന്റണി എന്ന മനുഷ്യൻ ഇവിടെ പിടിച്ചിട്ടത് കാരണം എന്റെ കുടുംബത്തിന്റെ ഈ മാസത്തെ റേഷൻ തന്നെ മുടങ്ങിയിരിക്കുകയാ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിടണം നിങ്ങളെ രക്ഷപ്പെടുത്താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റണി അദ്ദേഹത്തിന്റെ പരിചാരകരെ ഇവിടെ കാവൽ നിർത്തിയാണ് കടലിലേക്ക് പോയത് ആന്റണിയുടെ ഘടികാരത്തെ പിറകിലേക്ക് വലിക്കുന്നത് ണെന്ന് കണ്ടെത്താനാവാത്തതാണ് നിങ്ങളിൽ ആരോപിക്കുന്ന കുറ്റം രണ്ടു ദിവസം ഈ ക്ലോക്ക് എന്റെ പക്കൽ ഉണ്ടായിരുന്നപ്പോൾ ഇതിനൊരു തകരാറും നേരെ തിരിയുകയും തെറ്റാതെ സമയം കാണിക്കുകയും കൃത്യമായി മണിമുട്ടുകയും ചെയ്ത ക്ലോക്കാണിത് എന്നാൽ ഈ വീട്ടിലെ ചുമരിൽ തൂക്കുമ്പോൾ മാത്രം ീ കടികാരം പുറകോട്ട് തിരിയുന്നത് മായ തന്നെയാണ് ഇതൊരു മാന്ത്രിക കടികാരമാണ് ഇത് റിപ്പയർ ചെയ്യാൻ വാങ്ങിച്ച അന്നേ എന്റെ ഭാര്യ നളിനി പറഞ്ഞിരുന്നു ഇതൊരു കുട്ടിച്ചാത്തൻ കൂടിയ ക്ലോക്കാണെന്ന് അല്ല ഞാൻ ചോദിച്ചോട്ടെ എന്തൊരു വല്ലാത്ത മനുഷ്യനാ നിങ്ങളുടെ ഭർത്താവ് ആന്റണി ഇതുപോലെ കൂടോത്രമുള്ള ക്ലോക്കുമായി നടക്കാൻ അയാൾ ആരാ മാന്ത്രികനോ അതോ വല്ല മായാജാലക്കാരനോ അല്ല പിന്നെ ആരാണയാൻ ആരോ വരുന്നുണ്ട് ഞാൻ ഈ ഇരുട്ടിൽ മറഞ്ഞു നിൽക്കാം ഓ നിങ്ങൾക്ക് ഭക്ഷണവുമായി എത്തിയ ആന്റണിയുടെ കാവൽക്കാരനാണയാൾ പേടിക്കണ്ട വാതിൽ പൂട്ടിയാലും അകത്തുനിന്ന് തുറക്കാവുന്ന മറ്റൊരു താക്കോൽ എന്റെ കൈവശം എന്നിരുന്നാലും നിങ്ങളെ രക്ഷപ്പെടുത്താനാവുമെന്ന് എനിക്കുറപ്പില്ല ആന്റണിയെ കണ്ടാൽ ഒരു കൊള്ളക്കാരനാണെന്ന് പറയുകയേ ഇല്ല ആദ്യ കാഴ്ചയിൽ അയാളൊരു മാന്യനായ മനുഷ്യനായിരുന്നു ഞാൻ കരുതിയത് പുരാവസ്തുക്കളും കൗതുക വസ്തുക്കളുമൊക്കെ സൂക്ഷിക്കുന്ന ഒരു പ്രൊഫസറോ ഗവേഷകനോ ആയിരിക്കുമെന്നാണ് ഇക്കാലത്ത് ഇങ്ങനെയാണ് കൊള്ളക്കാരെയോ ഭീകരരെയോ കണ്ടാൽ തിരിച്ചറിയാനാവില്ല എന്നാൽ നല്ല മനുഷ്യരെ കണ്ടാൽ നമ്മൾ സംശയിക്കുകയും ചെയ്യും കടൽ കൊള്ളക്കാരെ കുറിച്ച് ഞാൻ കഥകളിലേ കേട്ടിട്ടുള്ളൂ പിന്നെ അവരെ കുറിച്ച് ഇപ്പോൾ ടി വിയിലും പത്രത്തിലുമൊക്കെ വാർത്ത വരുന്നുമുണ്ട് എന്നിട്ടും വൈകുന്നേരം നാലുമണിമുട്ടും നേരത്ത് എന്റെ പീടികയിലേക്ക് കടന്നു വന്ന ആന്റണിയെ എനിക്ക് കൊള്ളക്കാരനായി സങ്കല്പിക്കാനാവുന്നേ ഇല്ല ശരിയാണ് നമ്മുടെ സങ്കല്പത്തിലുള്ള സാധാരണ കൊള്ളക്കാരനല്ല ആന്റണി ിൽ ചിനെ അതാണ് സമ്പത്തെന്നാണ് ആന്റണി പറയുന്നത് കടലാണ് അയാൾക്കെല്ലാം ദൈവത്തിന്റെ സ്വർഗരാജ്യം കടലാണ് പോലും ദൈവത്തോട് ഒട്ടി നിൽക്കുന്നവനെ അവിടെ ചെന്നെത്താനും ആഴങ്ങളുടെ ആഴങ്ങളിൽ ും ആവുകയുള്ളൂ എന്ന് ഈ ഭൂമി അയാൾക്ക് വെറും വാടക വീട് മാത്രമാണ് ദാസന്മാരും കടലാണ് അയാളുടെ ഇടം കാലത്തിന്റെ ചങ്കൽ കടലിൽ ദൈവത്തിന്റെ പക്കൽ നിന്നും കൊള്ളയടിച്ചു വരുന്ന വൃത്തികെട്ട മനുഷ്യനാണ് ആന്റണി അയാളുടെ ഭാര്യയായി ാണ് ഞാനും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലുഷ്യനാ നിങ്ങളി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ വരൂ ആന്റണി കൊള്ളയടിച്ചു കൊണ്ടുവന്ന വിലപിടിച്ച കാലത്തിന്റെ നിലച്ചുപോയ ഹൃദയമിടിപ്പുകൾ ഞാൻ കാണിച്ചു ഇതെന്തോരത്ഭുതം ഘടികാരങ്ങളുടെ കാഴ്ച ബംഗ്ലാവാണല്ലോ ഇത് ഒരു ക്ലോക്ക് റിപ്പയറായ ഞാൻ പോലും ഇക്കാലത്തിനിടയ്ക്ക് ഇതുപോലൊരു ഘടികാരങ്ങളുടെ സൂക്ഷിപ്പ് പുല കണ്ടിട്ടില്ല ഒരു കൊള്ളക്കാരന്റെ ബംഗ്ലാവാണ് ഇതെന്ന് പറയുകയില്ല ഘടികാരങ്ങളുടെ കാഴ്ചപങ്കളാവ് അല്ല സുഹൃത്തേത് ഘടികാരങ്ങളുടെ ശ്മശാനം കാണുന്നില്ലേ എല്ലാം ചത്ത ഘടികാരങ്ങൾ ഒന്ന് മണം പിടിച്ചു ഭൂമിയുടെയും ആകാശത്തിന്റെയും കടലിന്റെയും സർവചരാചരങ്ങളുടെയും മരണം നിങ്ങൾക്കു മണക്കുന്നില്ലേ ഇല്ലേ നിങ്ങൾ പേടിക്കണ്ട ഇന്നലകൾ കാലത്തിനെ കൊള്ളയടിച്ചവരെ മാത്രമേ വേട്ടയാടുകയുള്ളൂ അവർ കൊന്നുകളഞ്ഞ നല്ല കാലത്തിന്റെ ആത്മാവുകൾ അതേപടി ബാക്കിയാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് തന്നെ പോയ കാലത്തിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നില്ലേ പെൻഡുലത്തിന്റെ അങ്ങേ തലയ്ക്കൽ നിന്നും പോയ കാലത്തിന്റെ ആ മധുര ശബ്ദങ്ങൾ തന്നെ ദീപുവിന്റെ ചിത്രകഥയിലൊക്കെ വായിച്ചതുപോലെ വേറൊരു കാലം വേറൊരു ലോകം ഇതാണ് ഇതിഹാസങ്ങളുടെ കാലം അവിടെ സ്പന്ദിക്കുന്നതാണ് നിഴൽ ഘടികാരം ഇത് ജലയുദ്ധങ്ങളുടെ കാലം അവിടെ സ്പന്ദിക്കുന്നത് ജലഘടികാരം ഇത് രാഷ്ട്രങ്ങളുടെ പോരാട്ടങ്ങളുടെ ചരിത്രകാലം അവിടെ സ്പന്ദിക്കുന്നത് മണൽ ഘടികാരം ഇത് വീരചരമങ്ങളുടെ ധീരകാലം അവിടെ സ്പന്ദിക്കുന്നത് പുഷ്പഘടികാരം ഇതാണ് നിന്നെ തടവിലാക്കിയ പുതിയ കാലം യന്ത്രമനുഷ്യരുടെ ലോകം അതിന്റെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നതാണ് നിന്നെയും ആന്റണിയേയും കുഴക്കിയ ആ യന്ത്രഘടികാരം അതിനെ ആരോ പിറകോട്ട് വലിക്കുകയാണത്രേ അരൂപിയായ ഏതോ ഒരാൾ പിറകോട്ടു വലിക്കുകയാണത്രേ ively οπο OA Jung നിങ്ങളാണ് യഥാർത്ഥ ക്ലോക്കുകളുടെ റിപ്പയറർ ശബ്ദം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഘടികാരം കാണമോ എന്നാൽ ആ ചെവി എന്റെ ഇടത് നെഞ്ചിനോട് ചേർത്ത് വയ്ക്കൂ ചേർത്ത് വെച്ച കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് ഇതാണ് സുഹൃത്തെ ഇതുവരെ എന്റെ ആന്റണിക്ക് കൊള്ളയടിക്കാൻ കഴിയാതെ പോയതേ. അപ്പോ അതാണ് സത്യല്ലേ ഈ ജൈവഘടികാരമാണ് ഇക്കാലം അത്രയും ആന്റണിയുടെ യന്ത്രഘടികാരത്തിന്റെ സൂചികളെ പിറകോട്ട് വലിച്ചത് നിങ്ങളാണ് യഥാർത്ഥ ഘടികാരങ്ങളുടെ സൂക്ഷിപ്പുകാരൻ ആന്റണിയുടെ കാവൽക്കാരുടെ കണ്ണു വെട്ടിച്ച് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു കാരണം എനിക്ക് ഉറപ്പുണ്ട് ഏത് യന്ത്രഘടികാരങ്ങൾക്കിടയിലും ഉള്ളിലെ ഈ ജൈവഘടികാരത്തിന്റെ മിടിപ്പ് താങ്കൾ എക്കാലവും കേൾക്കുമെന്ന് അതിനാൽ നിങ്ങൾക്ക് പോകാം ഞാൻ നിങ്ങളെ മോചിപ്പിക്കുന്നു whales <laughs> <laughs> ം ഇവിടെ പൂർണ്ണമാകുന്നു രചന ഹരീഷ് പന്തക്കൽ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആന്റണി ശ്യാംസുന്ദർ മാഹി സഹദേവൻ രാകേഷ് കരിവെള്ളൂർ റോസ് കെ ആർ സിന്ധു നളിനി എസ് ആർ മായ ദീപാങ്കുരൻ കുമാരി അവന്തിക സംവിധാനം പി പ്രശാന്ത് കുമാർ